ോ നിന്റെ ഭാര്യയുടെ ഭാഗ്യത്തിന്റെ കാര്യമല്ല ഇത് പിന്നെന്താ നിന്റെ വീട്ടുടമസ്ഥൻ്റെ കാര്യമാണ് അയാൾ എത്ര നല്ലവനാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ മാത്രമല്ല ഉടമസ്ഥയും വളരെ നല്ലവരാണ് അതാണ് നിന്റെ ഭാഗ്യം പക്ഷെ എന്റെ സ്ഥിതിയോ എത്ര ദയനീയമാണത് എന്താ കുഴപ്പം തോമസ് ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ ഒരു ഭയങ്കരനാണ് അയാളുടെ ഭാര്യയും ഒട്ടും നല്ലവളല്ല അവൾ ഒരു ഭയങ്കരയും മഹാഭിശുക്കിയുമാണ് അവരുടെ കുട്ടികളും ഭയങ്കര അക്രമികളാണ് ഇതൊരു വലിയ ഫലിതം തന്നെ ഫലിതമല്ലട സത്യം തന്നെയാണ് ഈ വീട്ടുടമസ്ഥർ ഒരു പ്രശ്നം തന്നെയാണ് എപ്പോഴും ഈ വലിയ പണക്കാരൊക്കെ ദുഷ്ടന്മാരും ഭയങ്കരന്മാരുമാണ് പിന്നെന്താ നിന്റെ വിചാരം ഈ ലോകത്തിൽ എല്ലാവരും നല്ലവരും വലിയവരും ആണോ അങ്ങനെയൊന്നുമല്ല എന്റെ ധാരണ പക്ഷേ ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ്റെ സ്വഭാവം വളരെ ചീത്തയാണ് മാസം വാടക കൂട്ടലാണ് അയാളുടെ സൂത്രം ഞങ്ങൾ അയാളുടെ പത്താമത്തെ വാടകക്കാരാണെത്രേസൺ മുകുന്ദ നീ എത്ര ഭാഗ്യവാനാണ് മുകുന്ദ നീ എത്ര ഭാഗ്യവാനാണ് ഞാൻ മാത്രമോ എന്റെ ഭാര്യയും ഭാഗ്യവതിയല്ലേ ഞാൻ മാത്രമോ എൻറെ ഭാര്യയും ഭാഗ്യവതിയല്ലേ ഇത് തമാശ ഇത് തമാശ എന്റെ ഭാഗ്യം പിന്നെ തമാശയാണോ എന്റെ ഭാഗ്യം പിന്നെ തമാശയാണോ നിന്റെയോ നിന്റെ ഭരയുടെയോ ഭാഗ്യത്തിന്റെ കാര്യമല്ല ഇത് നിന്റെയോ നിന്റെ ഭരയുടെയോ ഭാഗ്യത്തിന്റെ കാര്യമല്ല ഇത് പിന്നെന്താ പിന്നെന്താ നിന്റെ വീട്ടുടമസ്ഥൻ്റെ കാര്യമാ നിന്റെ വീട്ടുടമസ്ഥൻ്റെ കാര്യമാണ് അയാൾ എത്ര നല്ലവനാണ് അയാൾ എത്ര നല്ലവനാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ മാത്രമല്ല ഉടമസ്ഥയും വളരെ നല്ലവരാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ മാത്രമല്ല ഉടമസ്ഥയും വളരെ നല്ലവരാണ് അതാണ് നിന്റെ ഭാഗ്യം അതാണ് നിന്റെ ഭാഗ്യം പക്ഷെ എന്റെ സ്ഥിതിയോ എത്ര ദയനീയമാണത് പക്ഷേ എന്റെ സ്ഥിതിയോ എത്ര ദയനീയമാണത് എന്താ കുഴപ്പം തോമസ് എന്താ കുഴപ്പം തോമസ് ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ ഒരു ഭയങ്കരനാണ് ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ ഒരു ഭയങ്കരനാണ് അയാളുടെ ഭാര്യയും ഒട്ടും നല്ലവളല്ല അയാളുടെ ഭാര്യയും ഒട്ടും നല്ലവളല്ല അവൾ ഒരു ഭയങ്കരയും മഹാ മഹാപിശുക്കിയുമാണ് അവൾ ഒരു ഭയങ്കരയും മഹാപിശുക്കിയുമാണ് അവരുടെ കുട്ടികളും ഭയങ്കര അക്രമികളാണ് അവരുടെ കുട്ടികളും ഭയങ്കര അക്രമികളാണ് ഇതൊരു വലിയ ഫലിതം തന്നെ ഇതൊരു വലിയ ഫലിതം തന്നെ ഫലിതമല്ലടോ സത്യം തന്നെയാ ഫലിതമല്ലടോ സത്യം തന്നെയാ ഈ വീട്ടുടമസ്ഥർ ഒരു പ്രശ്നം തന്നെയാണേ ഈ വീട്ടുടമസ്ഥർ ഒരു പ്രശ്നം തന്നെയാണ് എപ്പോഴും ഈ വലിയ പണക്കാരൊക്കെ ദുഷ്ടന്മാരും ഭയങ്കരന്മാരുമാണ് എപ്പോഴും ഈ വലിയ പണക്കാരൊക്കെ ദുഷ്ടന്മാരും ഭയങ്കരന്മാരുമാണ് പിന്നെന്താ നിന്റെ വിചാരം പിന്നെന്താ നിന്റെ വിചാരം ഈ ലോകത്തിൽ എല്ലാവരും നല്ലവരും വലിയവരും ആണോ ഈ ലോകത്തിൽ എല്ലാവരും നല്ലവരും വലിയവരും ആണോ അങ്ങനെയൊന്നുമല്ല എന്റെ ധാരണ അങ്ങനെയൊന്നുമല്ല എന്റെ ധാരണ പക്ഷേ ഞങ്ങളുടെ ഉടമസ്ഥൻ്റെ സ്വഭാവം വളരെ ചീത്തയാണ് പക്ഷേ ഞങ്ങളുടെ ഉടമസ്ഥൻ്റെ സ്വഭാവം വളരെ ചീത്തയാണ് മാസം തോറും വാടക അയാളുടെ സൂത്രം മാസം തോറും വാടക കൂട്ടലാണ് അയാളുടെ സൂത്രം ഞങ്ങൾ അയാളുടെ പത്താമത്തെ വാടകക്കാരാണത്രേ ഞങ്ങൾ അയാളുടെ പത്താമത്തെ വാടകക്കാരാണത്രേ ഡ്രിൽസ്റ്റേഷൻ ഡ്രിൽ വീട്ടുടമസ്ഥൻ വളരെ നല്ലവനാണ് വീട്ടുടമസ്ഥൻ വളരെ നല്ലവനാണ് വീട്ടുടമസ്ഥ നല്ലവളാണ് വീട്ടുടമസ്ഥ നല്ലവളാണ് വീട്ടുടമസ്ഥർ നല്ലവരാണ് വീട്ടുടമസ്ഥർ നല്ലവരാണ് പണക്കാരൻ ദുഷ്ടനാണേ പണക്കാരൻ ദുഷ്ടനാണ് പണക്കാരി ദുഷ്ടയാണെ പണക്കാരി ദുഷ്ടയാണ് പണക്കാർ ദുഷ്ടരാണ് പണക്കാർ ദുഷ്ടരാണ് അവൻ നല്ലവനാണേ അവൻ നല്ലവനാണ് അവൾ നല്ലവളാണെ അവൾ നല്ലവളാണ് അവർ നല്ലവരാണ് അവർ നല്ലവരാണ് നീ എത്ര ഭാഗ്യവാനാണെ നീ എത്ര ഭാഗ്യവാനാണ് അവൾ എത്ര ഭാഗ്യവതിയാണ് അവൾ എത്ര ഭാഗ്യവതിയാണ് അവർ എത്ര ഭാഗ്യവാന്മാരാണേ അവർ എത്ര ഭാഗ്യവാന്മാരാണ് നിന്റെ വിദ്യാർത്ഥി മോഹനനോ വേണുവോ ആണേ നിന്റെ വിദ്യാർത്ഥി മോഹനനോ വേണോ ആണ് ഞങ്ങൾ അയാളുടെ പത്താമത്തെ വാടകക്കാരാണത്ര ഞങ്ങൾ അയാളുടെ പത്താമത്തെ വാടകക്കാരാണത്രെ ബിൽഡപ് ഡ്രിൽ മോഡൽ ആണോ ും നല്ലവരും വലിയവരുമാണോ ഈ ലോകത്തിൽ ഈ ലോകത്തിൽ എല്ലാവരും നല്ലവരും വലിയവരുമാണോ നൗ ഫോളോ ദോഡൽ ആണത്രേ ആണത്രേ നല്ലവർ നല്ലവരാണത്രേ നാട്ടുകാരെല്ലാം നാട്ടുകാരെല്ലാം നല്ലവരാണത്രേ അയാളുടെ അയാളുടെ നാട്ടുകാരെല്ലാം നല്ലവരാണത്രെ അല്ല അല്ല കാര്യം കാര്യമല്ല ഭാഗ്യത്തിൻറെ ഭാഗ്യത്തിന്റെ കാര്യമല്ല നിന്റെയോ ഭാര്യയുടെയോ നിന്റെയോ ഭാര്യയുടെയോ ഭാഗ്യത്തിന്റെ കാര്യമല്ല ഇത് നിന്റെയോ ഭാര്യയുടെയോ ഭാഗ്യത്തിന്റെ കാര്യമല്ല നല്ലവരാണ് നല്ലവരാണ് എത്ര എത്ര നല്ലവരാണ് അവരെല്ലാം അവരെല്ലാം എത്ര നല്ലവരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ അവൻ നല്ലവൻ ആണ് വലിയവൻ അവൻ വലിയവനാണ് ഭാഗ്യവാൻ അവൻ ഭാഗ്യവാനാണ് പിശുക്കൻ അവൻ പിശുക്കനാണ് ഭയങ്കരൻ അവൻ ഭയങ്കരനാണ് അക്രമി അവൻ അക്രമിയാണ് അവൾ നല്ലവൾ ആണേ വലിയവൾ അവൾ വലിയവളാണ് ഭാഗ്യവതി അവൾ ഭാഗ്യവതിയാണ് പിശുക്കി അവൾ പിശുക്കിയാണ് ഭയങ്കരി അവൾ ഭയങ്കരിയാണ് അക്രമി അവൾ അക്രമിയാണ് അവർ നല്ലവർ ആണ് വലിയവർ അവർ വലിയവരാണ് ഭയങ്കരന്മാർ അവർ ഭയങ്കരന്മാർ ആണ് ഭയങ്കരകൾ അവർ ഭയങ്കരികൾ ആണ് ഭയങ്കരർ അവർ ഭയങ്കരർ ആണ് പിശുക്കന്മാർ അവർ പിശുക്കന്മാർ ആണ് പിശുക്കികൾ അവർ പിശുക്കികളാണ് പിശുക്കർ അവർ പിശുക്കരാണ് ഭാഗ്യവാൻമാർ അവർ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവദികൾ അവർ ഭാഗ്യവതികൾ ആണ് അക്രമികൾ അവർ അക്രമികൾ ആണ് രാമനും കൃഷ്ണനും ഭയങ്കരന്മാർ ആണെ ഭയങ്കരർ രാമനും കൃഷ്ണനും ഭയങ്കരരാണ് കൂട്ടുകാരന്മാർ രാമനും കൃഷ്ണനും കൂട്ടുകാരന്മാരാണ് കൂട്ടുകാർ രാമനും കൃഷ്ണനും കൂട്ടുകാരാണ് തയ്യൽക്കാരന്മാർ രാമനും കൃഷ്ണനും തയ്യൽക്കാരന്മാരാണ് തയ്യൽക്കാർ രാമനും കൃഷ്ണനും തയ്യൽക്കാർ ആണ് രാമനും കൃഷ്ണനും പിശുക്കന്മാരാണ് പിശുക്കർ രാമനും കൃഷ്ണനും പിശുക്കരാണ് ഭാഗ്യവാൻമാർ രാമനും കൃഷ്ണനും ഭാഗ്യവാന്മാരാണ് അക്രമികൾ രാമനും കൃഷ്ണനും അക്രമികൾ ആണ് റീസ്റ്റേറ്റ്മെന്ററിൽ മോഡൽ വൺ അവൻ അധ്യാപകനാണ് അവൾ അധ്യാപികയാണ് നൗ ഫോളോ ദോഡൽ അവൻ വിദ്യാർത്ഥിയാണ് അവൾ വിദ്യാർത്ഥിനിയാണ് അവൻ നാട്ടുകാരൻ ആണെ അവൾ അവൻ കൂട്ടുകാരൻ ആണെ അവൾ കൂട്ടുകാരിയാണ് അവൻ ഭയങ്കരൻ ആണെ അവൾ ഭയങ്കരി ആണ് അവൻ പിശുക്കൻ ആണെ അവൾ പിശുക്കി ആണ് അവൻ നല്ലവൻ ആണെ അവൾ നല്ലവൾ ആണ് അവൻ വലിയവൻ ആണ് അവൾ വലിയവൾ ആണ് മോഡൽ ടു ഈ മുറി എത്ര ചെറുതാണ് ഈ മുറി വളരെ ചെറുതാണ് നൗ ഫോളോ ദ മോഡൽ ആ വീട് എത്ര വലുതാണ് ആ വീട് വളരെ വലുതാണ് അവന്റെ കുട്ടികൾ എത്ര നല്ലവരാണ് അവന്റെ കുട്ടികൾ വളരെ നല്ലവരാണ് ആ കെട്ടിടം എത്ര പഴയതാണ് ആ കെട്ടിടം വളരെ പഴയതാണ് അവർ എത്ര നല്ലവരാണ് അവർ വളരെ നല്ലവരാണ് അത് എത്ര ഭംഗിയാണ് അത് വളരെ ഭംഗിയാണ് റെസ്പോൺസ് ഡ്രിൽ മോഡൽ നിന്റെ വീട്ടുടമസ്ഥൻ എത്ര നല്ലവനാണ് ഉടമസ്ഥൻ മാത്രമല്ല നല്ലവളാണ് നൗ ഫോളോ ദ മോഡൽ അയാളുടെ കൂട്ടുകാരൻ എത്ര ഭാഗ്യവാനാണ് തോമസിന്റെ അനിയൻ എത്ര പണക്കാരനാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ എത്ര പിശുക്കനാണ് നിങ്ങളുടെ നാട്ടുകാരൻ എത്ര നല്ലവനാണ് ഞങ്ങളുടെ വാടകക്കാരൻ എത്ര ഭയങ്കരനാണ്